യൂണിറ്റ് ടെൻ ലെസൺ ഫോർട്ടി ലിസൺ നിന്നെ പോലെ പുണ്യം ഞാൻ ചെയ്തില്ല മഴ പെയ്യുമോ മത്തായി ഇനിയും പത്ത് പന്ത്രണ്ട് കുഴിയും കൂടെ വെട്ടണമല്ലോ നേരവും ഇരുട്ടുന്നു ഇന്ന് ഒക്കെ നടണം മിനിഞ്ഞാന്ന് മുപ്പത് തൈകൾ ഇന്നിനി പറ്റുമോ പൈലി ചേട്ടാ ഇന്നലെയും ഈ സമയത്ത് മഴ പെയ്തില്ലേ ഇന്നും പെയ്യാം ഇന്നലെ പെയ്തു അതുകൊണ്ട് ഇന്നും പെയ്യുമോ അങ്ങനെ വല്ല നിയമവും ഉണ്ടോ അങ്ങനത്തെ നിയമമൊന്നുമില്ല എന്റെ ഊഹമാണ് അത് ശരി ചേട്ടൻ രാവിലെ മുതൽ കിളക്കുന്നല്ലോ എന്നിട്ടും പത്തിരുപത് കുഴി കുഴിച്ചു അത്ര തന്നെ എടോ ഇത് കടത്തിണ്ണയിലെ വാചകമടി പോലെ അല്ല നന്നായി മെയ്യ നക്കണം കുറച്ച് പ്രയാസമുണ്ട് എന്താ നോക്കുന്നവര് കൈ എനിക്ക് ഈ പണിയൊന്നും വയ്യ നിങ്ങൾക്കൊക്കെയേ പറ്റൂ ഈ കൃഷിപ്പണിക്കും ഒരു കലാവിരുദ്ധൊക്കെ വേണം അതാ ചേട്ടന്റെ വേല തന്നെ നോക്കണം എന്തൊരു ഭംഗി എല്ലാ കുഴികളും ഒരേ അകലത്തിൽ ഒരേ വട്ടത്തിൽ താനെ ഇതിനെ പുകഴ്ത്തു നന്നായി നോക്ക് ആ രണ്ട് കുഴികൾ തമ്മിൽ കുറച്ച് കൂടുതൽ അകന്നില്ലേ അങ്ങനെയൊക്കെ നോക്കാൻ ഒരു ഒരുവിധം അങ് ഒപ്പിക്കണം മത്തായി എല്ലാത്തിനും നീ ഒരെളു വഴി കണ്ടുപിടിക്കും തന്റെ ജീവിതവും അതെ സൂത്രത്തിൽ അങ്ങ് കഴിയും നിന്നെപ്പോലെ പുണ്യം ഞാൻ ചെയ്തില്ല അതുകൊണ്ട് കുറെ കഷ്ടപ്പെടണം അതാണ് തലവിധി ഇത് തലേലെഴുത്തിന്റെ കാര്യമൊന്നുമല്ല ചേട്ടൻ വേറെ ആരുടെ ജോലി കൊണ്ടും തൃപ്തിപ്പെടില്ല എനിക്കങ്ങനെയല്ല ആരോ ചെയ്യട്ടെ എങ്ങനെയും കാര്യം നടക്കണം അത്ര നിന്റെ പ്രസംഗം കൊണ്ട് എനിക്ക് വയ്യ മടുത്തടോ മടുത്തു ഒന്ന് നിർത്ത് അന്നമ്മേ ഒന്ന് ഇങ്ങോട്ട് വാ മത്തായിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് ചേട്ടാ ഈ ത്രിസന്ധ്യക്ക് എനിക്ക് കാപ്പിയും ചായയും ഒന്നും വേണ്ട പിന്നെ കള്ളു കുടിക്കുന്നു അതിനെനിക്ക് കള്ളു കച്ചവടം ഇല്ലല്ലോ കഷ്ടം കുഴപ്പമായല്ലോ ചേട്ടനോട് മിണ്ടാനേ പറ്റില്ല താൻ ഒന്നും മിണ്ട വെറുതെ എന്തിന് കള്ളം പറയുന്നു മിനിഞ്ഞാന്ന് താൻ ഈ സമയത്ത് ഇവിടുന്ന് ചായയും കപ്പയും കഴിച്ചില്ലേ ിസൺ ആൻഡ് റിപ്പീറ്റ് മഴ പെയ്യുമോ മത്തായി മഴ പെയ്യുമോ മത്തായി ഇനിയും പത്ത് പന്ത്രണ്ട് കുഴിയും കൂടെ വെട്ടണമല്ലോ കുഴിയും കൂടെ വെട്ടണമല്ലോ നേരവും ഇരുട്ടുന്നു നേരവും ഇരുട്ടുന്നു ഇന്ന് തന്നെ ഒക്കെ നടണം ഇന്ന് തന്നെ ഒക്കെ നടണം മിനിഞ്ഞാന്ന് മുപ്പത് തൈകൾ നട്ടു മിനിഞ്ഞാന്ന് മുപ്പത് തൈകൾ നട്ടു ഇന്നിനി പറ്റുമോ പൈലി ചേട്ടാ ഇന്നിന് പറ്റുമോ പൈലിച്ചേട്ടാ ഇന്നലെയും ഈ സമയത്ത് മഴ പെയ്തില്ലേ ഇന്നലെയും ഈ സമയത്ത് മഴ പെയ്തില്ലേ ഇന്നും പെയ്യാം ഇന്നും പെയ്യാം ഇന്നലെ പെയ്തു അതുകൊണ്ട് ഇന്നും പെയ്യുമോ അതുകൊണ്ട് ഇന്നും പെയ്യുമോ അങ്ങനെ വല്ല നിയമവും ഉണ്ടോ അങ്ങനെ വല്ല നിയമവും ഉണ്ടോ അങ്ങനത്തെ നിയമമൊന്നുമില്ല അങ്ങനത്തെ നിയമമൊന്നുമില്ല എന്റെ ഊഹമാണ് എന്റെ ഊഹമാണ് അത് ശരി അത് ശരി ചേട്ടൻ രാവിലെ മുതൽ കിളക്കുന്നല്ലോ ചേട്ടൻ രാവിലെ മുതൽ കിളക്കുന്നല്ലോ എന്നിട്ടും പത്ത് രൂപത് കുഴി എന്നിട്ടും പത്ത് രൂപത് കുഴി കുഴിച്ചു അത്ര തന്നെ എടോ ഇത് കടത്തിണ്ണയിലെ വാചകമടി പോലെ അല്ല എടോ ഇത് കടത്തിണ്ണയിലെ വാചകമടി പോലെ അല്ല നന്നായി മെയ്യനക്കണം നന്നായി മെയ്യനക്കണം കുറച്ച് പ്രയാസമുണ്ട് കുറച്ച് പ്രയാസമുണ്ട് എന്താ നോക്കുന്ന ഒരു കൈ എന്താ നോക്കുന്ന ഒരു കൈ എനിക്ക് ഇപ്പണിയൊന്നും വയ്യ എനിക്ക് ഇപ്പണിയൊന്നും വയ്യ നിങ്ങൾക്കൊക്കെയേ പറ്റൂ നിങ്ങൾക്കൊക്കെയേ പറ്റൂ ഈ കൃഷിപ്പണിക്കും ഒരു കലാവിരുതൊക്കെ വേണം ഈ കൃഷിപ്പണിക്കും ഒരു കലാവിരുതൊക്കെ വേണം അതാ ചേട്ടന്റെ വേല തന്നെ നോക്കണം അതാ ചേട്ടന്റെ വില തന്നെ നോക്കണം എന്തൊരു ഭംഗി എന്തൊരു ഭംഗി എല്ലാ കുഴികളും ഒരേ അകലത്തിൽ ഒരേ വട്ടത്തിൽ എല്ലാ കുഴികളും ഒരേ അകലത്തിൽ ഒരേ വട്ടത്തിൽ താനെ ഇതിനെ പൊഴ്ത്തു താനെ ഇതിനെ പുകഴ്ത്തു നന്നായി നോക്ക് നന്നായി നോക്ക് ആ രണ്ട് കുഴികൾ തമ്മിൽ കുറച്ച് കൂടുതൽ അകന്നില്ലേ ആ രണ്ട് കുഴികൾ തമ്മിൽ കുറച്ച് കൂടുതൽ അകന്നില്ലേ അങ്ങനെയൊക്കെ നോക്കാൻ ഒക്കുമോ അങ്ങനെയൊക്കെ നോക്കാൻ ഒരുവിധം അങ്ങ് ഒപ്പിക്കണം ഒരുവിധം അങ്ങ് ഒപ്പിക്കണം മത്തായി എല്ലാത്തിനും നീ ഒരെളുപ്പഴി കണ്ടുപിടി മത്തായി എല്ലാത്തിനും നീ ഒരെളുപ്പഴി കണ്ടുപിടിക്കും തന്റെ ജീവിതവും അത് തന്റെ ജീവിതവും അതെ സൂത്രത്തിൽ അങ്ങ് കഴിയും സൂത്രത്തിൽ അങ്ങ് കഴിയും നിന്നെ പോലെ ഞാൻ ചെയ്തില്ല നിന്നെപ്പോലെ പുണ്യം ഞാൻ ചെയ്തില്ല അതുകൊണ്ട് കുറെ കഷ്ടപ്പെടണം അതുകൊണ്ട് കുറെ കഷ്ടപ്പെടണം അതാണ് തലവിധി അതാണ് തലവിധി ഇത് തലേലെഴുത്തിന്റെ കാര്യമൊന്നുമല്ല ഇത് തലേലെഴുത്തിന്റെ കാര്യമൊന്നുമല്ല ചേട്ടൻ വേറെ ആരുടെ ജോലി കൊണ്ടും തൃപ്തിപ്പെടില്ല ചേട്ടൻ വേറെ ആരുടെ ജോലി കൊണ്ടും തൃപ്തിപ്പെടില്ല എനിക്കങ്ങനെയല്ല എനിക്കങ്ങനെയല്ല ആരോ ചെയ്യട്ടെ ആരോ ചെയ്യട്ടെ എങ്ങനെയും കാര്യം നടക്കണം എങ്ങനെയും കാര്യം നടക്കണം അത്ര തന്നെ അത്ര തന്നെ നിന്റെ പ്രസംഗം കൊണ്ട് എനിക്കു അയ്യ നിന്റെ പ്രസംഗം കൊണ്ട് എനിക്കു വയ്യ മടുത്തടോ മടുത്തു ഒന്ന് നിർത്തു മടുത്തടോ മടുത്തു ഒന്ന് നിർത്തു അന്നമ്മേ ഒന്നിങ്ങോട്ട് വാ അന്നമ്മ ഒന്നിങ്ങോട്ട് വാ മത്തായിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് മത്തായിക്കെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക ചേട്ടാ ഈ ത്രിസന്ധ്യക്ക് എനിക്ക് കാപ്പ്യം ചായം ഒന്നും വേണ്ട ചേട്ടാ ഈ ത്രിസന്ധ്യക്ക് എനിക്ക് കാപ്പ്യം ചായം ഒന്നും വേണ്ട പിന്നെ കള് കുടിക്കുന്നു പിന്നെ കള്ള് കുടിക്കുന്നു അതിനെനിക്ക് കള്ളുകച്ചവടം ഇല്ലല്ലോ അതിനെനിക്ക് കള്ളുകച്ചവടം ഇല്ലല്ലോ കഷ്ടം കഷ്ടം കുഴപ്പമായല്ലോ കുഴപ്പമായല്ലോ ചേട്ടനോട് മിണ്ടാനേ പറ്റില്ല ചേട്ടനോട് മിണ്ടാനേ പറ്റില്ല താൻ ഒന്നും മിണ്ട താനൊന്നും മിണ്ട വെറുതെ എന്തിനു കള്ളം പറയുന്നു വെറുതെ എന്തിനു കള്ളം പറയുന്നു മിനിഞ്ഞാന്ന് താൻ ഈ സമയത്ത് ഇവിടുന്ന് ചായയും കപ്പയും കഴിച്ചില്ലേ മിനിഞ്ഞാന്ന് താൻ ഈ സമയത്ത് ഇവിടുന്ന് ചായയും കപ്പയും കഴിച്ചില്ലേ